അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവരുടെ പാർശ്വങ്ങളിൽ കിടക്കുമ്പോഴും അള്ളാഹുസുബഹാനഹുവചായയെ സ്മരിക്കുന്നു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയും ചെയ്യുന്നു അവർ പറയും സ്മൈലി ഫേസ് ഞങ്ങളുടെ രക്ഷിതാവേ നീ ഇതെല്ലാം വ്യർത്ഥമായിട്ടല്ല സൃഷ്ടിച്ചത് നീ എത്ര പരിശുദ്ധൻ അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ